Thank you. തസ് അതിതരാം ഇവ അനുവാൻ അഗ്നിർവായുരിദ് േ്യേനഷ്ടസ്പൃശു തേ്യേന പ്രഥമോ വിദഞ്ചാര അഗ്നിർവായുന്ദ്ര ദേവാ ബ്രഹ്മണ സംവാദദർശനാ സമീപ്യപകരാമുണാതിമഹഭാഗ്യേ അനാൻ ദേവാൻ അതിതരാം അതിശയശീലത്തെ മൂന്ന് ദേവന്മാരെ കുറിച്ച് പറയുന്നു അഗ്നി വായുരന്മാർ എല്ലാ തത്വങ്ങളെയും വേദത്തിൽ വിശേഷിച്ചും മൂന്നായിട്ട് തിരിക്കുന്നു അതിഭൗതികം ആധ്യാത്മികം അതിദൈവികം ഏതൊരു വിഷയത്തെടുത്ത് ചർച്ച ചെയ്താലും വേദം ഈ മൂന്ന് നിലയിലാണ് ഒന്നിന് വിശദീകരിക്കുന്നത് അതേറ്റവും നിസാരമായ ഒരു വസ്തുവായാലും ശരി ഏത് ഭാഗത്തായാലും ശരി ഒരു ഉദാഹരണം പറഞ്ഞാൽ വേദത്തിന് ഉരളിനെ കുറിച്ചും വലക്കയെക്കുറിച്ചും പറയും സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനമാണ് അതിനുണ്ട് മൂന്ന് രൂപങ്ങൾ ആദ്യ ഭൗതികം ആദ്യ ദൈവികം ആദ്ധ്യാത്മികം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു ദേവന്മാരെന്ന് പറയുമ്പോഴും അങ്ങനെ മൂന്ന് തരത്തിൽ പറയും ദ്യോധനാ ദേഹ ഭാഷകാരൻ തന്നെ പറയും ദേവന്മാർ പ്രകാശസ്വരൂപികളാണ് നമ്മൾ ആധ്യാത്മികമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളായി ആദി ദേവന്മാർ ൈവിക ഭാവങ്ങൾ അങ്ങനെയും എടുക്കാം ഏതെന്നിനും അങ്ങനെ മൂന്ന് ഭാവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ദേവന്മാർക്കുണ്ട് അങ്ങനെ മൂന്ന് ഭാവങ്ങൾ ഇവിടെ ഈ കഥയെ നമ്മൾ പ്രതീകങ്ങളായി എടുത്ത് ആധ്യാത്മികമായ അർത്ഥത്തിൽ വ്യക്തി ചെയ്യാം ഇനി ഒരാൾ അതിനെ പ്രതീകങ്ങളായി സ്വീകരിക്കാറ് കേവലം ദേവതകളായി തന്നെ എടുത്താൽ പത്തേറ്റാൽ അങ്ങനെയും വരാം രണ്ടു തരത്തിലും നമുക്ക് മനസ്സിലാകും അതിനെ ആധ്യാത്മികമായി അർത്ഥമെടുത്ത് വ്യാഖ്യാനിക്കുന്നത് അത് സാധനയ്ക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി അതിദൈവികമായ അർത്ഥത്തിലെടുക്കുന്നത് ചില തത്വങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി രണ്ടുതരത്തിൽ മനസ്സിലാക്കാം അഗ്നിവാഹ ഏതെ ദേവാഹ ഈ മൂന്ന് ദേവന്മാർ ഏതേവാ ബ്രഹ്മണ സംവാദ ദർശനാദിന സാമീപ്യം ഭക്ത ഇവർക്കെല്ലാം ഈ ബ്രഹ്മവുമായിട്ട് സംവാദത്തിനും ദർശനത്തിനും എല്ലാ അവസരവും ലഭിച്ചു ആധ്യാത്മികമായ അർത്ഥം തന്നെ എടുക്കുന്നു അതിൽ ദൈവിക ഭാവം പോട്ടെ ബ്രഹ്മവുമായിട്ടുള്ള സംവാദം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ആ ഈ ദേവന്മാർക്കെല്ലാം കഴിയുന്നുണ്ട് പ്രാണനും മനസ്സും ജീവനും ജീവൻ വിശേഷിച്ച് നിരന്തരം ആ പരമാത്മാവുമായിട്ടുള്ള സംവാദത്തിലും ദർശനം ദർശനവും ഉണ്ടാകുന്നു ഷ ദർശനം പൂർണ്ണമല്ലെന്നേ ഉള്ളു അപൂർണമായ ദർശനം അതുകൊണ്ട് അതിനെ പറയും ഈശദ് ദർശനം ആ ദർശനമുള്ളതുകൊണ്ടാണോ അതിനെ അറിയാനുള്ള ആഗ്രഹം വരുന്നത് അദ്വൈതത്തിൽ സാങ്കേതികമായി പറയും ബ്രഹ്മം അജ്ഞയുമല്ല അത് ഒരേ സമയം ജ്ഞാതവും അജ്ഞാതവുമാണ് സാമാന്യരൂപേണ ജ്ഞാനം ജ്ഞാതം വിശേഷരൂപേണ അജ്ഞാതം ഇങ്ങനെയെല്ലാം സാങ്കേതികമായി വിശദീകരിക്കും അതെങ്ങനെ ജ്ഞാതമാകുന്നു േകമായിരിക്കുന്ന ബ്രഹ്മം ഇതെങ്ങനെ അറിയാൻ കഴിയും നിർഗുണമാണ് നിരാകാരമാണ് ഏകമാണ് എന്നെല്ലാം പറയും അങ്ങനെയിരിക്കുന്ന ബ്രഹ്മം അതിൻ്റെ എങ്ങനെ സാമാന്യ വിശേഷഭാവം വരും എങ്ങനെ അതിനെ അറിയാൻ കഴിയും എങ്ങനെ അറിയാനും അറിയാതിരിക്കാനും കഴിയും അനുസമാനം പറയുന്നത് എന്താണോ ബുദ്ധി മനസ്സ് തുടങ്ങിയ ഉപാധികളിലൂടെ ഉപാധികളിലൂടെ അത് ജ്ഞാതമായിരിക്കുന്നു സച്ചിതാനന്ദരൂപം പൂർണ്ണമായും അജ്ഞാതമല്ല അത് മനോവൃത്തികളിലൂടെ തന്നെ അത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നു സത്തിനെ അറിയുന്നു ചിത്തിനെ അറിയുന്നു ആനന്ദത്തെ അറിയുന്നു അറിയുന്നതുകൊണ്ട് അറിവിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു ഇതൊക്കെ സാധാരണ പറയുന്ന കാര്യങ്ങളാണ് അദ്വൈതെല്ലാം ഈ ദേവന്മാരെല്ലാം ബ്രഹ്മത്തിന്റെ സമീപത്തിലാണ് സാമീപ്യം ഭഗതാഹ അതുമായിട്ട് സംവാദം നടത്തുന്നുണ്ട് അതിന്റെ ദർശനമുണ്ട് പക്ഷെ അതൊന്നും പൂർണ്ണമല്ല എവിടെ അതാണ് പറയുന്നത് ദേവന്മാരെല്ലാം അതിനെ സമീപിച്ചും അറിയാൻ ശ്രമിച്ചു ഇതെല്ലാം നിരന്തരമാ ബ്രഹ്മസാമീപ്യത്തിലാണ് വർദ്ധിക്കുന്നത് അതിന്റെ ദർശനവും ഉണ്ടാകുന്നത് പക്ഷെ അതിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കാൻ കഴിയുന്നില്ല ബ്രഹ്മന സംവാദ ദർശനാദിന സാമീപ്യ ഉപകൃത അതിൻ്റെ സമീപത്തിലാണ് ഇവരെല്ലാം അദ്വൈതത്തിൽ പറയുന്നതാണോ ചിത് ജടഗ്രന്ഥി എന്ന് പറയും അങ്ങനെയൊന്നുണ്ട് ഈ ചിത്തും ജഡവുമായിട്ടുള്ള സംയോഗം സാമീപ്യം അങ്ങനെ ചിത് ജഡഗ്രന്ഥി എന്ന് പറയും ചിത്ത് ബ്രഹ്മം എന്താ ജഡം എവിടെയാണ് ആ ഗ്രന്ഥി ബന്ധം വരുന്നത് ആ ജഡബന്ധം വരുന്നത് ഈ ഉപാധികളാണ് മനസ്സ് പ്രാണം അതിന്റെ സാമീപ്യമാണ് ഈ ചിത്തമായിട്ടുള്ള സാമീപ്യമാണ് ജഡഗ ഗ്രന്ഥി എന്ന് പറയുന്നത് ആ സാമീപ്യം എങ്ങനെ ആ ചിത്തിൽ നിന്ന് വെറുതിരിക്കാൻ കഴിയാത്ത രീതിയിൽ അത് താതാത്മ്യത്തിനിരിക്കുന്നു അതിനോട് ചേർന്നിരിക്കുന്നു സാമീപ്യോപകത്താർഹ മനസ്സിനെയും ബുദ്ധിയേയും പ്രാണനെയും ഇതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പറയും എന്താണ് പ്രാണനാണ് ബ്രഹ്മം മനസ്സാണ് ബ്രഹ്മം ബുദ്ധിയാണ് ബ്രഹ്മം ഇന്ദ്രിയമാണ് ബ്രഹ്മം എന്നെല്ലാം പലയിടത്തും പറയും അത്രമാത്രം അത് താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് ഇവയിലൂടെ ഈ അസ്ഥിഭാതിപ്രിയങ്ങൾ പ്രകാശിക്കുകയാണ് അല്ലെങ്കിൽ ഈ ജീവൻ എങ്ങനെ തന്നെ അറിയാൻ കഴിയും ജീവൻ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്ഥിഭാതിപ്രിയങ്ങൾ സച്ചിദാനന്ദർ അത് ഈ സാമീപ്യം അതുകൊണ്ടാണ് വീണ്ടും ജിജ്ഞാസയുണ്ടത് ഒരു വ്യത്യാസം മാത്രം എന്താണോ ഇത് നിരന്തരം ഈ ബ്രഹ്മവുമായിട്ടുള്ള സംവാദ ദർശനങ്ങളിലാണെങ്കിലും അതിന്റെ പൂർണ്ണതയെ സാധിക്കാൻ കഴിയുന്നു അത് യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാണ് ഇവിടെ ദേവാശ്രയുദ്ധത്തിന്റെ കാര്യം പറയുന്നത് ആന്തരികമായി നടക്കുന്ന ഈ ദൈവ ഘർഷം അതിൽ അസുരന്മാരെല്ലാം പരാജയപ്പെട്ട് ദേവന്മാർ വിജയിക്കുമ്പോഴാണ് അതിന് പൂർണ്ണത വരുന്നത് അല്ലാതെ ഈ ബ്രഹ്മത്തെ അറിയാത്ത ഒരു ദേവനുമില്ല വായുവും അഗ്നിയും ഇന്ദ്രനും എല്ലാം ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അസുരന്മാരുടെ പരാജയം പൂർണ്ണമായും ഉള്ളിൽ സംഭവിക്കുന്നു അസുരഭാവങ്ങളുണ്ട് അതുകൊണ്ട് സാമീപ്യത്തിൽ ഇരുന്നാലും അതുമായിട്ട് സംവാദമുണ്ടായാലും അതിന് സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല പക്ഷേ അതിൻ്റെ സാമീപ്യമുണ്ട് അതിന് വിശേഷതകളുണ്ട് മറ്റ് ഭൗതികമായ ചട വസ്തുക്കളെപ്പോലെ അല്ല അതുകൊണ്ടല്ലേ ദേവന്മാരെന്ന് പറയുന്നു ദ്യോതന പ്രകാശസ്വരൂപികളാണ് തസ്മാത് ഐശ്വര്യഗുണയിൽ അതിതരാമ ശക്തിഗുണാദീ മഹാഭാഗ്യേഹി ഇവ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനുമുണ്ട് ആദിദൈവിക ഭാവം അത് വേദത്തിൽ ഉപനിഷത്തിൽ മാത്രമല്ല കർമ്മകാണ്ഡത്തിനും അത് എടുത്ത് പറയുന്നുണ്ട് ഏത് വസ്തുവിനെ എടുത്താലും പക്ഷേ അവയൊക്കെ അപേക്ഷിച്ച് നമ്മൾ ജഡമെന്ന് പറഞ്ഞ് തരംതിരിക്കുന്ന അവയൊക്കെ അപേക്ഷിച്ച് വിശിഷ്ടമാണ് ഈ ദേവന്മാർ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രാണനുമെല്ലാം ഐശ്വര്യഗുണയിൽ അതിതരാമ ഇതെല്ലാം ആദ്യ ദൈവിക ഭാവത്തിന് യോജിക്കും നമ്മൾ ആധ്യാത്മിക ഭാവത്തിന് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുമ്പോൾ ഇവയ്ക്കും ഉണ്ട് ഐശ്വര്യ ഗുണങ്ങളെല്ലാം മനസ്സിന്റെ ഐശ്വര്യം ഇന്ദ്രിയങ്ങളുടെ ഐശ്വര്യം അവയുടെ വിശിഷ്ട ഗുണങ്ങൾ അതെല്ലാം എല്ലാ നിർവചനങ്ങൾക്കും അപ്പുറമാണ് എന്തുകൊണ്ട് അതിന് സർവ്വൈശ്വര്യങ്ങളുമുണ്ട് ഏതൊരു മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി ഇന്ദ്രിയങ്ങളാണോ ഈ ബ്രഹ്മത്തെ ദർശിക്കാൻ കഴിയാതെ പിൻവാങ്ങുന്നത് അതേ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും മനസ്സിനെ കുറിച്ചും എല്ലാം ഇതേ ശ്രുതി എന്ന് പറയുന്നതാണോ ഇതിലൂടെ എല്ലാം സദാ ദർശിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മത്തെ ും പറയും കണ്ണുകൊണ്ട് ഇതിനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ശ്രുതി തന്നെ പറയും കണ്ണിനോട് ഇതിനെ കാണുന്നുള്ളൂ അതാണ് എന്റെ സർവൈശ്വര്യത പറയുന്നു അതിഥരാമ ശക്തിഗുണ മഹാഭാഗ്യീഹി അന്യാൻ ദേവൻ അതുകൊണ്ട് വിശേഷിച്ച് ആന്തരികമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ സമീപത്തിലിരിക്കുന്ന ബ്രഹ്മവുമായി നിരന്തര സംവാദത്തിലിരിക്കുന്ന ജീവൻ മനസ്സ് പ്രാണൻ തുടങ്ങിയ ദേവന്മാർ മറ്റ് ദേവന്മാരെ അപേക്ഷിച്ച് മറ്റ് അനേക കോടി ആദി ദൈവിക ഭാവങ്ങളെ അപേക്ഷിച്ച് എല്ലാം ജീവനും നകന്നിരിക്കുന്നു നമ്മൾ പറയാറുണ്ടല്ലോ മുപ്പത്തിമുക്കോടി ദേവന്മാരുണ്ടാവും എന്താ അങ്ങനെ പറയുന്നത് ഓരോ അണിവിനും ഉണ്ട് ഈ ആദ്യ ദൈവിക ഭാവം അപ്പത് അനന്തമാണ് എണ്ണമറ്റതാണ് ഈ എണ്ണമറ്റ ദേവന്മാരെ അപേക്ഷിച്ച് ഈ ആന്തരികമായി സ്ഥിതി ചെയ്യുന്ന ജീവന്റെ സഹയാത്രികരായിരിക്കുന്ന ഈ ദേവന്മാർ ഇവിടെ രണ്ടു എടുത്തു പറഞ്ഞു ഉള്ളൂ മനസ്സിനെയും ബുദ്ധിയേയും പ്രാണനയും എല്ലാം അത് മഹാഭാഗ്യേഹി ശക്തിഗുണാദി മഹാഭാഗ്യേഹി മറ്റ് ദേവന്മാരെ അപേക്ഷ ഉത്കൃഷ്ടരായിരിക്കുന്നു കാരണം ഈ ജീവനെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് സജ്ജമാകുന്നത് ഈ ദേവന്മാരാണ് അങ്ങനെ പാത്രമാകുന്നത് നീടെ പ്രവൃത്തിയാണ് അതുകൊണ്ട് ഈ ദേവന്മാർ ശ്രേഷ്ഠമാണ് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഈ ആഖ്യാനത്തിൽ പറഞ്ഞ അതാണ് എന്താണ് ആദ്യം മറ്റ് ദേവന്മാർ പോയി അതൊരു ഉപലക്ഷണമായി പറഞ്ഞു ഈ ജീവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സർവ്വകരണങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം നിരന്തരം ഈ തത്വത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ജീവനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന്റെ പ്രവൃത്തി വേറുമുഖമായി പോകുന്നു തന്ത്രമുഖമാകുമ്പോൾ അത് സാധിക്കുന്നുണ്ട് ജീവന്റെ ഗതി തന്നെ അതിന് വേണ്ടിയിട്ടൊന്നാണ് ശ്രുതിയിലും പറയുന്നു ജീവന്റെ സംസാരഗതി ജനന മരണങ്ങളിലൂടെയുള്ള ഈ പോക്ക് തന്നെ പരമാത്മ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് മറ്റൊന്നിനു വേണ്ടിയിട്ടുള്ളത് അത് സാധിക്കുന്നതുവരെ ഇത് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അവയിൽ ഏറ്റവും കൂടുതൽ ജീവനെ സഹായിക്കുന്നതാണ് പ്രാണനും മനസ്സും മറ്റും അതുകൊണ്ടാണ് ജീവൻ അതിനെ ഉപയോഗിക്കുന്നത് സാധനാ മാർഗത്തിൽ അതിനുപയോഗിക്കുന്നു ആ കരണങ്ങളെ സാധനയ്ക്ക് ഉപയോഗിക്കുന്നു അതിനാ സാമർഥ്യമുണ്ട് ആ ജീവന് ലക്ഷ്യത്തിനെത്തിക്കുന്നതിനുള്ള സാമർഥ്യം മറ്റുള്ള അപേക്ഷിച്ച് അതിന് കൂടുതലാണ് അതിതരാം അതിശയനശ്വരതയെ അത് അതിശയമായി വർദ്ധിക്കുന്നു സർവ ഉത്കൃഷ്ടമായി വർദ്ധിക്കുന്നു ശ്രേഷ്ഠമായി വർദ്ധിക്കുന്നു അതിന്റെ പ്രാധാന്യത്തെടുത്ത് കാണിക്കുകയുള്ളൂ ഈ കർണങ്ങൾ ഈ കർണങ്ങൾ ഒരു തരത്തിൽ ഇത് അസമർത്ഥങ്ങളാണ് ഇതിനെ വെളിപ്പെടുത്താൻ പരമാത്മ സാക്ഷാത്കാരത്തിന് എന്നാലും ജീവനെ ഇത് നയിക്കുന്നു അതാണെന്ത് ചെയ്തു ആദ്യം അഗ്നി പോയി വായു പോയി അത് പോയിട്ടാണ് പിന്നീട് ജീവനതിനെ സമീപിക്കുന്നത് ഈ കർണങ്ങൾ അതിനെ അന്വേഷിച്ച് അത് പിന്തിരിയുന്നുണ്ടെങ്കിലും ആ അന്വേഷണമാണ് പിന്നെ ജീവന് പ്രേരകമായിരിക്കുന്നത് മുമ്പോട്ട് പോകാൻ അത് സഹായിക്കുന്നു അത് പൂർണ്ണമായും വ്യത്ഥമുണ്ടത് വിധത്തിൽ വേറെ രീതിയിൽ പറയും എന്താണോ സാക്ഷാത്കാരത്തിന്റെ ഉത്പത്തി ആ സാക്ഷാത്കാരം സംഭവിക്കുന്നതിന് ഇവിടെ ഹേതുക്കൾ പലതാണ് കർമ്മവും ഉപാസനകളും എല്ലാം ഹേതുക്കളായി വരും എങ്ങനെ അത് ഹേതുക്കളായി വരുന്നു അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ് അനെന്റെ ഉത്പത്തിയിൽ എന്ന് പറയുന്നത് ഉത്പത്തിയിൽ അതിന് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനെല്ലാ ഹേതുകളായിത്തീരുന്നു അതേസമയം ആ സാക്ഷാത്കാരം നിരപേക്ഷവുമായി ഒന്നിനെ അപേക്ഷിക്കുന്നു കുടുംബസൂത്രത്തിനും മറ്റും ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് ഒരേ സമയം അത് സാപേക്ഷവും നിരപേക്ഷവുമായിരിക്കുന്നു ജീവനെ ആ പരമാത്മപ്രാപ്തിക്ക് തയ്യാറാക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നവയാണ് ഈ ദേവന്മാരെല്ലാം മനസ്സും കർണങ്ങളും എല്ലാം പക്ഷേ പരമാപ്രാപ്തിയിലിതെല്ലാം നിഷ്പ്രയോജനങ്ങളായിത്തീരുകയും ചെയ്യും അപ്പൊ അതിന് തയ്യാറാക്കണമെങ്കിൽ എന്ത് വേണം ഇത് ശക്തിമത്തായി ശക്തിഗുണാദി മഹാഭാഗ്യേഹി ശക്തി ഗുണാദികളും ഉണ്ടായി അതുകൊണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് മറ്റാധ്യാത്മികവും ആദ്യ ദൈവികവുമായ ഭാവങ്ങളെ അപേക്ഷിച്ച് ജീവനോട് ചേർന്ന് നിന്ന് ജീവനും മുന്നോട്ട് നയിക്കുന്നത് കൊണ്ട് ഇവ വളരെ ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് ഇവിടെ ആദ്യം ജീവനല്ല പോയത് ആദ്യം ബുദ്ധി പോയി പ്രാണൻ പോയി എല്ലാത്തിനെയും പരീക്ഷിച്ചു അവയ്ക്കെല്ലാം സമീപിക്കാൻ കഴിഞ്ഞു സാമീപ്യവകത്താഹ പക്ഷെ പൂർണതയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല ആ ജീവൻ പിന്തിരിയേണ്ടി വന്നു ജീവൻ മാത്രം പിന്തിരിഞ്ഞില്ല അവൾ കുറങ്ങി നിപ വൃത്തേ ബാക്കിയെല്ലാം പിന്തിരിയേണ്ടി വന്നു അത് ജീവൻ പിന്തിരിഞ്ഞില്ല എന്തുകൊണ്ട് ആത്യന്തികമായി അത് ആ ബ്രഹ്മം തന്നെയാണ് അതിന്റെ ഏകീഭവനത്തിന് തടസ്സമായി നിന്നത് മാറേണ്ട കാര്യമേ ഉള്ളൂ അതുകൊണ്ട് ജീവന് പിന്തിരിയാൻ കഴിയത്തുമില്ല അത് ആ ബ്രഹ്മത്തോട് അഭേദമായിരിക്കുമ്പോൾ അതിനങ്ങനെ പിന്തിരിയാൻ കഴിയും അതുകൊണ്ടത് പിന്തിരിയുന്നില്ല മറ്റുള്ളതിനെല്ലാം പിന്തിരിയേണ്ടി വരുന്നു ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുന്ന അതാണ് ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ജീവന് ആ പരമാത്മാവിൽ നിന്ന് വേദനിക്കാൻ കഴിയുന്നില്ല മറ്റുള്ള എല്ലാത്തിനേയും നേതി നേതി എന്ന് പറഞ്ഞ് നിരാകരിക്കുന്നു ആത്യന്തികമായി രണ്ടും ഒരു തത്വം തന്നെ അതുകൊണ്ട് ജീവനെക്കുറിച്ച് പറഞ്ഞപ്പോ എന്താണ് അത് പിന്തിരിഞ്ഞു എന്നൂടെ പറഞ്ഞില്ല അത് പിന്തിരിഞ്ഞില്ല ബാക്കിയെല്ലാം പിന്തിരിഞ്ഞു അതിന് പിന്തിരിയാൻ കഴിയില്ല എന്താണത് ധ്യാനിച്ചു ഇന്ദ്രൻ ധ്യാനിച്ചോ വിദ്യ പ്രകാശിച്ചു ജീവന് ബോധ്യപ്പെട്ടു എന്താണ് ഈ യക്ഷം അതുകൊണ്ട് ഈ ദേവന്മാരെല്ലാം മഹത്വമുള്ളവയാണ് അവയെല്ലാം ഈ ഇന്ദ്രനെ സഹായിച്ചു ആ ജീവന പരമാത്മപ്രാപ്തിക്ക് വേണ്ടി സഹായിച്ചു അത് മറ്റെല്ലാ ആധ്യാത്മിക ആദി ദൈവിക ഭാവങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് അതുകൊണ്ടൊരു സാധകൻ അവന്റെ സാധനയ്ക്ക് അത്യന്തികമായി പ്രയോജനപ്പെടുത്തുന്ന ഇവയാണ് പ്രാണിനെയും മനസ്സിനെയും മറ്റുമാണ് പ്രയോജനപ്പെടുത്തുന്നത് അതിശയനക്ഷേരത്തെ ശബ്ദവും അനർത്ഥകോ അവധാരണാർത്ഥവും ഉറപ്പിച്ചു പറയുകയാണ് എന്നെടുക്കാം അല്ലെങ്കിൽ വിശേഷിച്ചർത്ഥമില്ലെന്നും കൊടുക്കാം ഇവ ശബ്ദത്തിൽ അതിനുവേണ്ടി പറയുകയാണ് ഇവ ആശ്രേഷ്ഠന്മാർ തന്നെയാണ് ഇവയ്ക്ക് തുല്യരായി മറ്റൊന്നുമില്ല ആധ്യാത്മിക സാധനയിൽ ഇവയ്ക്ക് തുല്യമായി മറ്റൊന്നിനെ സ്വീകരിക്കാൻ ഇല്ല ബുദ്ധിയെ ആശ്രയിക്കാതെ പ്രാണനെ ആശ്രയിക്കാതെ ഒരു ജീവനന്ദ സാധനം എന്ത് ചെയ്താലും ശരി ഉപാസനയായാലും ഭക്തിയായാലും യോഗമായാലും എന്തായാലും സ്വന്തം പ്രാണനെയും ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണല്ലോ ഇതെല്ലാം നടക്കുന്നത് കേവലം മനസ്സിന്റെ തലത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് അതിന് തുല്യം എന്ന് പറയാൻ മറ്റൊന്നുമില്ല അതുകൊണ്ട് അവധാരണർ ഉറപ്പിച്ചു പറയുകയാണ് ഇവ എല്ലാം ശ്രേഷ്ഠങ്ങളാണ് അഗ്നിർവായീന്ദ്രേഹി ദേവാഹേന ബ്രഹ്മനേതിഷ്ടം അന്തികതമം പ്രിയതമം അഗ്നി വായുന്ദ്രഹസ്ഥേ ഹി ദേവ ഈ ദേവന്മാർ ഈ പ്രകാശസ്വരൂപികൾ യഥ്രഹ്മനദ്ബ്രഹ്മേദിഷ്ഠം അന്തികതമം ഇവരെല്ലാം വളരെ അടുത്ത് ഒരാളെ നമ്മൾ കാണുക എന്ന് പറയുന്നത് അപ്പം ദൂരെയൊന്നും അത് കഴിയും ഇവരെല്ലാവരും കണ്ടവരാണ് പക്ഷേ സ്പൃശുഹു സ്പർശിച്ചു സ്പർശിക്കണമെന്ന് വേണം വളരെ അടുത്ത് പോകണം കയ്യെത്താവുന്ന ദൂരത്ത് ചെന്നാൽ സ്പർശിക്കാൻ പറ്റും പ്രിയതമം അന്തികത്തമം അവർക്കെല്ലാം പ്രിയത്തമമായിരിക്കുന്നു അവരുടെയെല്ലാം അന്തികതമമായിരിക്കുന്നതിനെ ഇവർ സ്പർശിച്ചു അത്രയും നേരത്തെ പറഞ്ഞ സാമീപ്യം ഉപഗത സാമീപ്യത്തെ പ്രാപിച്ചു അതിനോട് അടുത്ത് വർത്തിക്കുന്നതാണ് അതുകൊണ്ടാണ് ജഡസ സംയോഗം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സുമാണ് ഇതിനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നത് അത് സ്ഥൂലമാകുന്നതോരം ഇതിൽ നിന്ന് അകന്നുപോകുന്നു അതുകൊണ്ടവയെ ഭൗതികങ്ങളെന്ന് പറയും ഇത് ഭൂതങ്ങളാണ് സൂക്ഷ്മമാണ് അതിലോട് അടുത്തിരിക്കുന്നവയാണ് പ്രിയതമമാണ് അതുകൊണ്ടാണ് അതിനെ വിടാതെ അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത് അതിനിൽ നിന്ന് ദൂരേക്ക് പോകാൻ കഴിയത്തില്ല ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ ഈ ജീവസാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പോയി ആ ജീവന്റെ ഭാഗമായി തന്നെ നിൽക്കുകയാണ് മാറിപ്പോവാൻ പറ്റില്ല സ്ഥൂല ശരീരത്തിന് മാറിപ്പോവാ അത് ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും അതകന്നുപോകും ബാഹ്യ വസ്തുക്കൾക്ക് മാറിപ്പോവാ ദേശം കൊണ്ടും കാലം കൊണ്ടും അടുത്തും അകന്നും ഇരിക്കുന്നു ഇതല്ല പ്രപഞ്ചം അല്ല പക്ഷെ ഇതങ്ങനെയല്ല ജീവനോട് വേർ പിരിയാതെ ജനനത്തിലും മരണത്തിലുമെല്ലാം ഒരുമിച്ചിരിക്കുന്നു അതാണ് ഈ ദേവന്മാർ പറഞ്ഞത് നേധിഷ്ഠം അന്തികതമം അത് ഈ ബ്രഹ്മത്തിന്റെ സച്ചിദാനന്ദ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു സുഖത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആനന്ദത്തെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ സ്പർശിക്കുന്നു എന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് അത് ആനന്ദത്തിൻ്റെ പൂർത്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് അതനുഭവിക്കുന്ന ആനന്ദം അതിനെ തൃപ്തമാക്കുന്നില്ല ഇവയൊന്നും ജീവനെ തൃപ്തമാകുന്നില്ല ഇന്ദ്രിയങ്ങളെ തൃപ്തമാക്കുന്നില്ല പക്ഷെ അത് അനുഭവിക്കുന്നു ഇതനുഭവിക്കുന്നതുപോലെ ഈ സ്തൂല ശരീരത്തിന് അനുഭവിക്കാൻ കഴിയുന്ന ബാഹ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിന് ആന്തരികമായ ജാനത്തെ അനുഭവിക്കാൻ കഴിയുന്നു കാരണം അതിനെ അകന്നു പോകുന്നു ഇതങ്ങനെ എന്താ പ്രിയതമമായിരിക്കുന്നു ആ പ്രിയം അതിന്റെ സ്വരൂപമാണ് ആത്മാവിന്റെ സ്വരൂപമാണ് പ്രിയം ആസ്തി ഭാതി പ്രിയം ആ പ്രിയത്തിന്റെ ദർശനം ഇവയ്ക്കെല്ലാം ഉണ്ടാവും എന്തുകൊണ്ട് അത് അത്യധികം സാമീപ്യത്തിൽ കഴിയുന്നു അതുകൊണ്ടത് ഈ ആത്മാവ് തന്നെ മിക്കൊന്നിനും തന്നെ ആത്മാവിനും പ്രിയതമമായ മറ്റൊന്നുമില്ല ഈ കരണങ്ങൾ മനസ്സ് ബുദ്ധിയെല്ലാം നിരന്തരം പ്രിയത്തെ ബാഹ്യമായി അന്വേഷിക്കുന്നുണ്ട് ബാഹ്യമായി അന്വേഷിച്ച് പ്രിയത്തെ കണ്ടെത്തുന്നു അതിനെ അനുഭവിക്കുന്നു അതൊക്കെ ശ്രമിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോഴും എപ്പോഴെങ്കിലും അത് ഈ ജീവനിൽ നിന്ന് വേർപിരിഞ്ഞ് ഈ പ്രിയത്തെ അന്വേഷിക്കാറുണ്ട് ജീവനിൽ നിന്ന് വേർപിരിഞ്ഞ് അത് അന്വേഷിക്കാറില്ല ഒരു കൈ കൊണ്ട് ആ ജീവനെ പിടിച്ചുകൊണ്ടാണ് മറുകൈ കൊണ്ട് അത് പ്രിയത്തെ തിരയുന്നു എന്നുവെച്ചാൽ ജീവനോട് ചേർന്നതെന്ന് കൊണ്ടാണ് ന് പ്രിയത്വമായിരിക്കുന്ന എന്താണ് ഈ പരമാത്മാവ് തന്നെ എന്തുകൊണ്ട് അത് ബാഹ്യമായി പ്രിയത്തെ തിരഞ്ഞ് അത് അതിനനുഭവയോഗ്യമാക്കുമ്പോൾ വാസ്തവത്തിൽ അതിന് കിട്ടുന്ന പ്രിയം ഈ പരമാത്മാവിൽ നിന്നാണ് ബാഹ്യത്തിൽ നിന്നല്ല പരമാത്മാവിൽ നിന്ന് മാത്രമേ പ്രിയത്തെ പ്രാപിക്കാൻ കഴിയും വേറെ തരത്തിൽ പറഞ്ഞാൽ എന്താണ് ആത്മഗതമായ പ്രിയം അതാണത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിഷയങ്ങളിലൂടെയും വിഷയ സാന്നിധ്യത്തിനും അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിന് പ്രിയതമമായിരിക്കുന്ന ഈ ആത്മാവിനെ തിരിയാൻ വയ്യ എന്തുകൊണ്ടത് അതിൻ്റെ സ്വരൂപം തന്നെ സർവത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നതാണ് ആത്മാവ് അപ്പോൾ ആ സ്വരൂപത്തെ അതെങ്ങനെ വിടാൻ കഴിയും ഇപ്പൊ സർവപ്രിയങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന ആത്മവസ്തുവാണ് ഇതിൻ്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നത് ഇതിന്റെ എല്ലാ ആത്മാവായിരിക്കുന്നു അതുകൊണ്ടത് പ്രിയതമമായിരിക്കുന്നു അതിനത് സ്പർശിക്കുന്നു എന്ന് പറയുന്നതിന് എന്താ അതിനോട് അത്യധികം സാമീപ്യത്തിലിരിക്കുന്നു മനോബുദ്ധ്യാദികളാണ് ആത്മാവിനോട് അത്യധികം സാമീപ്യത്തിലിരിക്കുന്നത് നിരന്തരം അത് അതിനന്വേഷിക്കുന്നു കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇതിപ്പോ ഒരു കഥാരൂപത്തിൽ പറഞ്ഞുകൊണ്ടാണോ പുറമേ ഒരു ലക്ഷം വന്നു ദേവാശ്രയ യുദ്ധം നടന്നു ബാഹ്യമായൊരു ലക്ഷം പ്രത്യക്ഷപ്പെട്ടു അതിനന്വേഷിക്കാൻ പോയി കഥയിൽ നോക്കിയാൽ ഒരു പിടിയും അതിന്റെ പഴമ്പിലേക്ക് ദക്ഷണം എന്താണ് ഭാഷകാരം പറഞ്ഞത് പൂജനീയമായത് മഹനീയമായത് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ ബാഹ്യമായി വിഷയങ്ങളിൽ പ്രിയത്തെ തെരയുന്നുണ്ടെങ്കിലും യുവക്കറിയാം എന്താണ് മഹനീയമായത് ആന്തരിയമാണ് അതുകൊണ്ടാണ് അതിനെ വിടാത്തത് ഈ പ്രിയത്തിന്റെ ഉറവിടം ഉള്ളിലാണ് അതുകൊണ്ട് ഈ ആത്മാവിനും പ്രിയതമമായി ഇതിന് മറ്റൊന്നും തന്നെ ഇല്ല മറ്റൊന്നും അതിനെ ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇത് നിരന്തരം തുറന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് രക്ഷൻ പ്രത്യക്ഷപ്പെടുക എന്ന് കഥാരൂപത്തിൽ പറഞ്ഞെങ്കിലും ഈ ഇന്ദ്രിയങ്ങൾ ഇതിനെ സദാ ദർശിക്കുകയും സദാ സംവാദത്തിൽ ഏർപ്പെടുകയും സദാ ഇതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പറയുന്നു വാസ്തവത്തിനിപ്പോ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒരുത്തും ശ്രമിക്കുന്നു അവൻ ആത്മീയ സാധകനാകുന്നു അവന് ജിജ്ഞാസുണ്ടാകുന്നു മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു എന്നെല്ലാം നമ്മൾ കരുതുന്നുണ്ട് ജീവനെ സംബന്ധിച്ച് പരമാർത്ഥം അതല്ല എന്തുകൊണ്ട് സർവ്വ ജീവന്മാരും സദാ നിരന്തരം അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവിടെ ലൗകികനെന്നോ ഭൗതികനെന്നോ ആത്മീയനെന്നോ ഒന്നും വേറിതിരിക്കാനും നിരന്തരം ഈ ഇന്ദ്രിയങ്ങൾ ഈ ആത്മ നിർവൃതിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപൂർണമായി അതുകൊണ്ടിതെല്ലാം അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യക്ഷനാർ എന്നുള്ള അന്വേഷണമാണ് സംസാരം ജീവനിങ്ങനെ ജനന മരണങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് യക്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന ഇത് ജന്മജന്മാന്തരങ്ങളിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സർവ്വകരണങ്ങളും ഈ നിർവൃതിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ടെന്താണോ ചിലവർ സുഖത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു സുഖം കിട്ടുന്നില്ല അങ്ങനെ സുഖത്തിന് വേണ്ടി നമ്മൾ ആത്മാവിനെ തിരയുന്നു ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ പരമസുഖം വരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് ആലങ്കാരികമായിട്ടാണ് വാസ്തവമല്ല വാസ്തവത്തിൽ ഇത് പ്രത്യേകിച്ച് സംഭവിക്കുന്ന ഒരു കാര്യമാണ് സർവജീവനത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വ്യത്യാസം അവിടെ ആത്മീയം എന്നോ ഭൗതികമെന്നോ വ്യത്യാസം സർവകർണങ്ങളും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അത് തിരയുന്നത് ഈ പ്രിയത്തെ തന്നെ സാക്ഷാത്കാരത്തെ തന്നെയാണ് സർവ്വകർണങ്ങളും അതിന് അജ്ഞനെന്നോ ജ്ഞാനിയെന്നോ ഒരു വ്യത്യാസം ലൗകികനെന്നോ ഭൗതികനെന്നോ ഒരു വ്യത്യാസം എപ്പോഴും ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിന്റെ ഗതി മാറി നമ്മളതിനെ വിളിക്കും അത് ഭൗതികമാണ് അതിന്റെ ഗതിയെ നേരെയാക്കുമ്പോൾ നമ്മൾ പറയുക അത് ആത്മീയമാണ് ഇങ്ങനെ വീട്തിരിക്കുന്നു മറിച്ചാണെങ്കിൽ സർവരിൽ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അവനീ ആത്മപ്രിയത്തെ ആത്മസുഖത്തെ വിടാൻ പറ്റുന്നില്ല ഏതെങ്കിലും ഒരു വിടാൻ കഴിയുന്നില്ല വിടാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മഗതമായ ആ പ്രിയത്തിന് വേണ്ടി ഇതെല്ലാം നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേ ഇതെല്ലാം പ്രിയതമമായ അതിനെ സ്പർശിക്കുന്നു സ്പർശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു അകലമുണ്ട് സ്പർശിക്കുമ്പോൾ നമ്മൾ അടുത്ത് പോകുന്നു സ്പർശിക്കുന്നു പക്ഷെ അവിടെ ഏകീഭവന സംഭവിക്കുന്നില്ല സാക്ഷാത്കാരം സംഭവിക്കുന്നില്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സ്പൃഷ്ടവന്ത അവരെ സ്പർശിച്ചു സർവകരണങ്ങളും ഇതിനെ സ്പർശിച്ചുകൊണ്ട് തന്നെ കഴിയുന്നു അത് ഇത് പറയുന്നതാണോ ഇതിന്റെ സാന്നിധ്യത്തിൽ ചലിക്കുന്നു ആത്മസാന്നിധ്യത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു അതാണല്ലോ ഇന്ദ്രിയങ്ങൾക്ക് ഈ ആത്മാവുമായിട്ടുള്ള സ്പർശമെന്ന് പറയും ആത്മസാന്നിധ്യത്തിലല്ല അതിന് നിൽക്കാൻ കഴിയുന്നില്ല ആത്മസാന്നിധ്യത്തിൽ ഇതിങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും അതാണതിന്റെ സ്പർശം യഥോത് ബ്രഹ്മണ സംവാദാദിപ്രകാര ഹിഹിതോർ ഹസന്താര വിദാഞ്ചക്രൂരി ബ്രഹ്മേരി ഈ ആത്മസാമീപ്യം കൊണ്ട് ഈ ദേവന്മാരെല്ലാം ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ദേവന്മാർക്കെന്താ പ്രാധാന്യം ഇന്ദ്രിയങ്ങൾക്കും കർണങ്ങൾക്കും എല്ലാം ഇവരാണ് പ്രഥമന്മാർ മുഖ്യന്മാർ ഇതിൽ നിന്നകന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവനിന്നകന്നിരിക്കുന്നു ഈ സ്ഥൂല ശരീരം ഇവയെ അപേക്ഷിച്ചകന്നാണ് ബാഹ്യപ്രപഞ്ചം അനന്തമായ ബാഹ്യപ്രപഞ്ചം നമ്മൾ പറയുന്ന ഭൗതികപ്രപഞ്ച സ്ഥൂല പ്രപഞ്ചത്തിൽ നിന്നകലെയാണ് അവയെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രഥമാഹ എന്തുകൊണ്ട് യഥോക്തീ ബ്രഹ്മ സംവാദാദിപ്രകാരം ബ്രഹ്മവുമായിട്ടുള്ള സംവാദത്തിനും മറ്റും ഭാഗ്യം ഇവക്കേ ഉള്ളു എന്തുകൊണ്ട് ആ ബ്രഹ്മസാമീപ്യത്തിൽ ആത്മസാമീപ്യത്തിൽ ഇതെല്ലാം തേജസ്വരൂപികളായിരിക്കും അതൊന്ന് വിളിച്ചിട്ട് ജഡൊ ഒന്ന് വേടി തേജസ്വരൂപികളായിരിക്കും അപ്പം അതിൻ്റെ അസ്ഥിഭാതിപ്രിയങ്ങൾ ഇവയിൽ വ്യക്തമായും പ്രകാശിക്കും മനസ്സിൽ ആനന്ദത്തെ നമ്മളെവിടെ അറിയുന്നു ആത്മാവിനാളും അറിയുന്നു നല്ല മനസ്സിൽ അറിവ് എവിടെ മനസ്സിൽ ഉണ്മ എവിടെ നിൽക്കുന്നു മനസ്സിൽ ഇതൊന്നും നിരപേക്ഷമായി നമുക്കറിയാൻ കഴിഞ്ഞില്ല അവിടെയാണ് ഈ സംവാദം നടക്കുന്നത് ആത്മസംവാദം നടക്കുന്നു യഥോക്തഹി ബ്രഹ്മ സംവാദാദിപ്രകാര യുക്തി അസ്മാസഹേതോ ജന പ്രഥമ പ്രഥമാധാനാഹസന്ത അവർ പ്രധാനികളായി ഇതിനെ അറിഞ്ഞു അതിൽ അങ്ങനെ അറിഞ്ഞവരുടെ കൂട്ടത്തിൽ ജീവൻ മുഖ്യനാണ് കാരണം മറ്റുള്ള എല്ലാവരും പിന്തിരിഞ്ഞപ്പോൾ ജീവൻ അതായത് ജീവാത്മാ അതിനെ പിന്തിരിയേണ്ടി വന്നില്ല അതിലൂടെ ഏകീഭവിച്ചു അത് നമ്മൾ സാക്ഷാത്കാരമെന്ന് പറയും ആ സാക്ഷാത്കാരം മറ്റാർക്കും കിട്ടുന്നില്ല ബുദ്ധിക്കോ പ്രാണനോ ഒന്നും കിട്ടുന്നില്ല ആ ജീവനും അതിന് ഹിമേതക്ഷമിതി ആരാണ് ഈ യക്ഷൻ അത് സാക്ഷാത്കരിക്കുന്നു മറ്റുള്ളവയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ യക്ഷൻ എന്താണ് ഒരു പ്രലോഭനം അതിൻ്റെ ഒരു ഈശ്വര ദർശനം ഉണ്ടാകുന്നു അത് സമീപിക്കുന്നു അത് കാണാൻ കഴിയാതെ പിന്തിരിയുന്നു ജീവൻ അങ്ങനെയല്ല അതിന് പിന്തിരിയേണ്ടി വരുന്നില്ല സമീപിച്ചാൽ പിന്നെ അത് അതിനോട് ഒന്നായിപ്പോകും ഒന്നായിത്തീരും കാരണം തത്വത്തിൽ അത് രണ്ടല്ല ആ അത്യന്തികമായ അഹന്താന നിർമ്മാർജ്ജനത്തിൽ എന്നിവിടെ രണ്ടില്ല അതിനു സഹായിക്കുന്നവരാണ് മറ്റുള്ളവരല്ല അതുകൊണ്ടാണ് ആദ്യം അവരെ മുമ്പേ ഓടിച്ചത് അവര് പോയി തെരഞ്ഞു വരട്ടെ അവർ പോയി തെരഞ്ഞും അവർക്ക് കുറെ ഒക്കെ കാര്യങ്ങൾ പിടികൂട്ടി എത്തിയില്ല അപൂർണത ജീവൻ കൈവരിച്ചു എന്നിരിക്കുന്നവരെല്ലാം ശ്രേഷ്ഠന്മാരാണ് പ്രഥമ പ്രധാന ബ്രഹ്മം इंद्रस्थे, ते യർവാദ്രസ് എനദ്ദിഷ്ടസ്പൃശു തേ ഹ്യേന പ്രഥമോ വിദാച്ചബ്രഹി തസ്ുന്ദ്രോ അതിതരാമ അനിയന് स्पर्शा സഹ്യേനേദി സഹ്യേന പ്രഥമോ വിദാര്രീസ് അനിവായു അപ്പ ഇന്ദ്രവാ വികു വായു അഗ്നിശ്ചായ അഗ്നിവായു ദുസമാസ അഗ്നിം വായുവ അഗ്നിം വായു അറിഞ്ഞു ഇന്ദ്രവാക്യാവ അവരറിഞ്ഞെങ്കിലും ഇങ്ങനെ ഇന്ദ്രന്റെ വാക്യത്തിൽ ജീവന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവക്കൊരു പ്രകാശം കിട്ടുന്നു ആ പ്രകാശം പുറമെയുള്ള മൺകട്ടയ്ക്കും കല്ലിനും ഒന്നും കിട്ടുന്നില്ലല്ലോ അത് പ്രകാശിക്കുന്നില്ലല്ലോ അതിനുമുണ്ട് ഈ പറയുന്ന ആദി ദൈവികൾ ഭൗതികാധ്യാത്മിക ഭാവങ്ങളൊക്കെയുണ്ട് പക്ഷേ ഇവിടെയാണോ ഈ ആത്മസ്വാമീഖ്യം ഉള്ളത് അവിടെ മാത്രമേ അറിവുള്ളൂ എന്താ അറിവില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിന് ജഡവെന്നുള്ളൂ ഇതങ്ങനെയല്ല ചൈതന്യം ഉള്ളതാണെന്ന് നമ്മൾ പറയും ഇന്ദ്രവാക്യാവ ആ ഇന്ദ്രന്റെ വാക്യത്തിൽ നിന്നും ആ ജീവന്റെ ബോധനത്തിൽ നിന്നും ആ ജീവൻ സദാ ഇതിനെല്ലാം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവൻ എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളെ ഈ അസ്ഥിഭാതിപ്രിയങ്ങളിലൂടെ അതാണ് അതിന്റെ ബോധനം ഈ അസ്ഥിഭാതിപ്രിയങ്ങൾ ഇവയിലൂടെ സദാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബുദ്ധിയിലൂടെയും മറ്റും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു വേറെ ഉദാഹരണത്തിലൂടെ പറയും ആകാശത്തിൽ സുരന്ധിക്കുന്നു ജലത്തിൽ പ്രതിബിംബം അത് ജലത്തിൽ പ്രതിബിംബിക്കുന്നു എന്നുള്ള പല ഉദാഹരണങ്ങളുടെ പറയും അതിനെവിടെയും പറയുന്നു ഇവിടെ ജീവനിൽ അതിൻ്റെ സ്വരൂപമായിരിക്കുന്നു ഈ അസ്ഥിപാതിപ്രിയങ്ങൾ അതിന്റെ ഒരു പ്രതിച്ഛായ പോലെ അതെല്ലാം ഈ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സുകൊണ്ടറിയുന്നു മനസ്സുകൊണ്ട് ആനന്ദിക്കുന്നു ഇന്ദ്രവാക്യദേവ ഇന്ദ്രവാക്യത്തിൽ അവിടെ വാക്യം എന്ന് പറയുന്നത് ആ ജീവന്റെ ബോധനം എന്ന് പറയുന്നതാണ് അദ്വൈതത്തിൽ പറയുന്നതാണ് ചിത്സംക്രമണം അതുപോലെ പ്രിയത്തിന്റെ സംക്രമണം അസ്തിത്വത്തിന്റെ സംക്രമണം എന്ന് പറയും കുറച്ചുകൂടി അദ്വൈതി പറയുന്നത് താൻ അധ്യാസം എന്ന് പറയും എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായ അദ്വൈതമായി അങ്ങനെയാണ് ഈ ജീവൻ ഇതിനെല്ലാം ബോധിപ്പിക്കുന്നത് അത് ബോധിച്ചേ മതിയാകും കാരണം അതിനൊന്ന് ഈ ജീവനിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ കഴിയും അപ്പൊ ജീവന്റെ സ്വരൂപമായിരിക്കുന്നതോ അത് അതിനും അനുഭവിച്ചേ പറ്റും അല്ലെങ്കിൽ അതിലൂടെ അത് പ്രകാശിച്ചേ പറ്റും അതുകൊണ്ട് ജീവിൽ നിന്ന് ഇവരെല്ലാം ബോധിച്ച് എന്താ അവരെല്ലാം ബോധിച്ച് അവരുടെ തന്നെ ആത്മാവിനെ തന്നെ ഇന്ദ്രിയങ്ങളുടെ ഏതിൽ നിന്നാണോ അവയ്ക്ക് പിരിഞ്ഞ് നിൽക്കാൻ കഴിയാത്ത അതാണ് അതിന്റെ ആത്മാവ് ജീവന് ഏതിൽ നിന്നാണോ മാറാൻ കഴിയാത്ത അത് അതിന്റെ ആത്മാവ് ഇന്ദ്രിയങ്ങൾക്ക് ഏതിൽ നിന്നാണോ മാറാൻ കഴിയാത്ത അതിന്റെ ആത്മാവ് ഇന്ദ്രിയങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധിക്ക് അല്ലെങ്കിൽ പ്രാണന ഒരിക്കലും ഈ അസ്ഥിബാതി പ്രിയങ്ങളിൽ നിന്നും മാറാൻ കയ്യാ അങ്ങനെയുണ്ടോ അസ്ഥിത്വമില്ലാത്ത പ്രാണൻ അതുണ്ടോ ബോധമില്ലാത്ത മനസ്സ് അതുണ്ടല്ല പ്രിയമില്ലാത്ത മനസ്സ് അങ്ങനെയൊന്നുമില്ല പ്രിയ സാന്നിധ്യത്തിൽ അത് ആ പ്രിയ സംക്രമണത്തോടെ അതിന് നൽകാൻ കഴിയും അതെന്റെ സ്വരൂപമാണ് പ്രിയങ്ങൾ ജീവന്റെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ സ്വരൂപമാണ് പക്ഷേ അവിടെ പ്രധാനിയായ ജീവനത്തിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ ആ ജീവനാണ് ധ്യാനിച്ചത് മറ്റുള്ളവയെല്ലാം പിന്തിരിഞ്ഞതേയുള്ളൂ മറ്റുള്ളവയ്ക്കത് കഴിയില്ല അതെന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നു ആ സാന്നിധ്യത്തിൽ അതിലേക്ക് ഈ അസ്ഥിഭാതിക്രിയങ്ങളെല്ലാം പകരുന്നു ജീവൻ അങ്ങനെയല്ല അതിനെ ധ്യാനിക്കുന്നു ജീവൻ അതിനോട് ഏകീഭവിക്കുന്നു അതുകൊണ്ട് ജീവൻ മുഖാന്തരം ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്നതാണ് അക്കെട്ട് അതാണ് ഒന്ന് പരമാത്മതത്വം മറ്റൊന്നും ഈ മനോമണ്ഡലം പ്രാണമണ്ഡലം ഇതിനെ രണ്ടിനെയും കൂടി ബന്ധിപ്പിക്കുന്ന കെട്ടായി നിൽക്കുന്ന ജീവൻ അഹംഭാവത്തോടു കൂടി നിൽക്കുന്ന ജീവൻ ജീവൻ എന്ന് പറയുമ്പോൾ ഏതെന്നാണോ ഈ അഹംസ്ഫുരണത്തിന് ആധാരമായിരിക്കുന്നത് അത് അല്ലെങ്കിൽ അഹംസ്ഫുരണത്തിലൂടെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജീവൻ അതാശ്രയിക്കുന്ന കാരണങ്ങളാണ് ബാക്കി സർവ്വതും അതിനാധാരമായിരിക്കുന്നതാണ് പരമാത്മ തത്വം അപ്പോൾ ഇവയെ ഈ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു അതിന്റെ കെട്ട് പരമമായ ചിത്ത് അതിൽ നിന്നും അകം നിന്നാൽ അതിനെ സമീപിക്കാൻ ശ്രമിക്കുന്ന ജഡം ബുദ്ധിതലം പ്രാണതലം ഇതിനു രണ്ടിനും മധ്യത്തിലായിരിക്കുന്ന അക്കെട്ട് ഗ്രന്ഥി ജീവഭാവം അതാണ് മുഖ്യം ഇവയൊക്കെ അപേക്ഷ അതുകൊണ്ട് അഗ്നിയും വായുവും ഇന്ദ്രവാക്യ ദൈവവിതാം ചക്രതുഹു ഇന്ദ്രവാക്യത്തിൽ നിന്നും ധരിച്ചു അവനെങ്ങനെയാ ധരിക്കുന്നത് ഇന്ദ്രൻ ജീവൻ ഇന്ദ്രേണഹി ഉമാവാക്യാ പ്രഥമം ശ്ലോകം ഈ ജീവൻ ഈ ബ്രഹ്മത്തിനോട് ഇത്രയും ചേർന്നിരിക്കുകയാണ് ഒന്നായിരിക്കുകയാണ് വേഗീഭവിച്ചിരിക്കുകയാണ് എന്നാലും അതിനറിയാൻ കഴിയില്ല അതെങ്ങനെ അറിഞ്ഞു ഉമാവാക്യ വിദ്യ ശ്രുതി അത് ആത്മവിദ്യ അതിൽ നിന്നാണ് അത് ഗ്രഹിച്ചത് ആത്മവിദ്യ കൊണ്ടത് ഗ്രഹിച്ചു പ്രഥമം ശ്രുതം അതാണ് ശ്രുതി ശ്രുതം എന്ന് പറഞ്ഞത് ശ്രുതി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ പരാശ്രുതി എന്നാ പറയുന്നത് അജ്ഞാനത്തെ നീക്കി ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ആ ശ്രുതി അതാണ് വിദ്യ ഉമാവാക്യം അതിൽ നിന്നാ ജീവൻ ഗ്രഹിച്ചത് അതിനെങ്ങനെ അത് ഗ്രഹിക്കാൻ കഴിഞ്ഞു അത് ധ്യാനിച്ചു പിന്തിരിഞ്ഞില്ല മറ്റുള്ളവയ്ക്ക് ആ ധ്യാനിക്കുന്നതിന് ശേഷിയില്ല ആരാധ്യാനിക്കുന്ന ഞാനുണ്ട് ഞാനാ ധ്യാനിക്കുന്നു അല്ലാതെ എന്റെ മനസ്സാണോ എന്റെ പ്രാണനാണോ എന്റെ ഇന്ദ്രിയങ്ങളാണോ ഒന്നുമല്ല എന്റേതെന്ന് പറയുന്നതിനൊന്നും ധ്യാനിക്കാൻ പറ്റത്തില്ല മറിച്ച് പറയുന്നെന്താണ് ഞാൻ ധ്യാനിക്കുന്നു ജീവനാണ് ധ്യാതാവ് ആ ജീവനില് ധ്യാനവും ധ്യേയവും നിൽക്കുന്നു ജീവൻ എന്ത് ചെയ്തു ധ്യാനിച്ചു അപ്പോ ആ വിദ്യ പ്രകാശിച്ചു അതെല്ലാം അങ്ങനെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ആ പ്രകാശത്തിൽ സർവവും പ്രകാശപൂർണമായി ജഡമായിരുന്ന സർവവും ചിന്മയമായി പറയുന്നില്ലേ സാധാരണ ഭാഷ പറയുന്നതാണ് കാണുന്നതൊക്കെ നാരായണൻ കേൾക്കുന്നതൊക്കെ നാരായണൻ ശ്രവിക്കുന്നതൊക്കെ നാരായണൻ എന്നു പറയുമ്പോൾ സർവവും ചിന്മയമായി ഇന്ദ്രിയങ്ങളിതിനെ അറിഞ്ഞു പ്രാണൻ അറിഞ്ഞു എന്നെല്ലാം പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം പ്രാണൻ കേവലം പ്രാണനായാണ് അതുവരെ ഇരുന്നത് അത് ചിന്മയമായി തുടങ്ങും ബുദ്ധി കേവലം ബുദ്ധിയായിരുന്നു ിന്മയുമായി തോന്നുന്നു അപ്പൊ പ്രപഞ്ചം സർവമെന്തായി വാസുദേവ സർവം വാസുദേവമായ അതാണ് പറയുന്നത് പ്രാണനും ഇന്ദ്രിയങ്ങളുമെല്ലാം ഇതിനെ അറിഞ്ഞു ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്നും ആ അവസ്ഥയിലെ പറയാൻ കഴിയും സർവം അതായി തീർന്നു അത് എങ്ങനെ വിദ്യയിലൂടെ ജീവന്റെ ധ്യാനത്തിലൂടെ ഉമാവാക്യാ ജീവൻ അതിനെ ഗ്രഹിച്ചാൽ ജീവൻ്റെ അജ്ഞാനം നീങ്ങിയാൽ പിന്നെ ഇവിടെ അജ്ഞനില്ല സർവവും ജ്ഞാനമയം തന്നെ അദ്ദേഹത്തിനൊരു സാങ്കേതിക ചർച്ചയുണ്ട് അതായത് വെളിച്ചം വന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് വെളിച്ചം ഒന്ന് ഇരുൾ പോയി സാധനം സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ വെളിച്ചം കെട്ട് വീണ്ടും ഇരുൾ വരാറുണ്ട് നമ്മൾ കാണുന്നതാണ് അതുപോലെ ജ്ഞാനം വന്ന് അജ്ഞാനം നശിച്ചു ജ്ഞാനം വന്ന് അജ്ഞാനം നശിച്ചു എന്തുകൊണ്ട് ജ്ഞാനം നശിച്ചു വീണ്ടും അജ്ഞാനം വന്നുകൂടാ ജ്ഞാനി ഒരാൾക്ക് ജ്ഞാനിയാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ ജ്ഞാനിക്ക് അജ്ഞാനിയാകുന്നതിനുള്ള സാധ്യത എന്തുകൊണ്ട് ആയിക്കൂടാനി എന്തുകൊണ്ട് അജ്ഞാനി ആയിക്കൂട നമ്മളതിൽ കാണുന്നു വെളിച്ചം വരുന്നു ഇരുട്ട് പോകുന്നു അങ്ങനെയാണെങ്കിൽ വിളിച്ചെന്ന ഇരട്ടും വരാമല്ലോ രണ്ടിനും ഒരേ യുക്തി യുക്തിയിൽ നിഷേധിക്കാൻ വയ്യത് സാധ്യമല്ല അദ്വൈതത്തിലെ വാദങ്ങളാണ് അത് സാധ്യമല്ല അത് സാങ്കേതികം നമ്മൾ പറയുന്നത് ഭാവാദ്വീതം രണ്ടും രണ്ടാണ് പറയുന്നത് സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല ഇവിടെ ഇരുളും വെളിച്ചവും അനേകമാണ് ഇതനേക വെളിച്ചങ്ങളും സൂര്യന്റെ വെളിച്ചമുണ്ട് അഗ്നിയുടെ വെളിച്ചമുണ്ട് മെഴുനിരയുടെ വെളിച്ചമുണ്ട് അങ്ങനെ പല വെളിച്ചങ്ങളും അതുകൊണ്ട് തന്നെ ഇരുളും അനേകമാണ് ആത്മാ ഏകമാണ് ആത്മാവിന്റെ വെളിച്ചം ഏകമാണ് മിരണിനെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് വേർതിരിക്കാം അജ്ഞാനത്തെ എങ്ങനെ വേർതിരിക്കാം മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഏകമാണ് ചിന്തിച്ചു കഴിഞ്ഞാലും അത് അനിർവചനീയമാണ് ത് മ്യയാണ് അപ്പോൾ അതിന്റെ നാശം ഇതിൽ തിരിച്ചു വരാൻ മറ്റൊന്നില്ല ഇവിടെ ഇരു പരതുണ്ടതുകൊണ്ട് തിരിച്ചു വരും തുച്ഛമായിരിക്കുന്ന അനുലോചനീയമായിരിക്കുന്ന അല്ലെങ്കിൽ ഏകമായിരിക്കുന്ന അത് ഏകമായ ഒന്ന് നിശ പിന്നെ അങ്ങനെ തിരിച്ചു വരും എന്താ ആശ്രയിച്ചിരിക്കുന്ന ഏകമാകാനേ അല്ലെങ്കിൽ അതിനെ അനുരുവചനീയെന്ന് പറയുക സത് അസ്യാം അനിർവചനീയ സത്യന്നോ അസത്തൊന്നും നിർവചിക്കാൻ വയ്യാത്താണ് തുച്ഛമാണ് അതിന്റെ നാശത്തിൽ പിന്നെ അതിന് തിരിച്ചു തിരിച്ചു വരാനായിട്ട് മറ്റൊന്നില്ല അതുകൊണ്ട് പിന്നീട് അജ്ഞാനം ബന്ധിക്കുന്നില്ല ബന്ധിക്കാൻ അങ്ങനെയൊന്നുമില്ല കൊണ്ടെങ്കിലേ വിരള് വീണ്ടും അവശേഷിക്കുന്നോണ്ടാണ് വെളിച്ചം നഷ്ടപ്പെട്ട് വീണ്ടും അത് കടന്നു വരുന്നത് ഇവിടെ അങ്ങനെ ഒന്ന് അവശേഷിക്കുന്നില്ല അത് ആത്യന്തിക നാശമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് വീണ്ടും സംഭവിക്കുന്നില്ല അതുപോലെ സർവവും ചിന്മയമായി തീർന്നു അവിടെ പിന്നെ ജഡൻ ശേഷിക്കുന്നുണ്ട് അവിടെ വായുവും ഇന്ദ്രനും അഗ്നിയും എല്ലാം ഏകമായിത്തീരുന്നു വായു അഗ്നി ഇന്ദ്രനെന്നുള്ള ഭേദം നിലനിർത്തുന്നു അതാണ് പൂർണ്ണത അപ്പോൾ സാക്ഷാത്കാരത്തിൽ ആ ഭേദം പിന്നീട് നിലനിൽക്കുന്നില്ല ജീവഭേദം നിലനിൽക്കുന്നില്ല ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദം നിലനിൽക്കുന്നില്ല അതുകൊണ്ട് പിന്നീട് ജഡത്തെ ദർശിക്കാൻ കഴിയുന്നില്ല സർവവും അതാണ് പറഞ്ഞത് സർവവും ചിന്മയമായി തന്നെ തീരുന്നു അല്ലെങ്കിൽ സർവം ചിത്തായി തന്നെ നിൽക്കുന്നു സച്ചിദാനന്ദമായി തന്നെ നിൽക്കുന്നു അവിടെ ഭേദം നഷ്ടപ്പെടുന്നു അപ്പോൾ മറ്റുള്ളവയെല്ലാം ഇന്ധന വഴികളുള്ള ദേവന്മാരെല്ലാം ഇതിനെ സമീപിച്ചു സ്പർശിച്ചു സാക്ഷാത്കരിക്കാൻ കഴിയുന്നു സാക്ഷാത്കാരത്തിൽ പിന്നെ ആ ഭേദങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു പദാർത്ഥ സംഭവിച്ചത് ഇന്ദ്രന് ഇന്ദ്രനിലാണ് സംഭവിച്ചത് ഇന്ദ്രനാണ് ധ്യാനിച്ചത് ഇന്ദ്രനാണ് പിന്തിരിയാതിരുന്നത് അതുകൊണ്ട് ഇന്ദ്രൻ ശ്രേഷ്ഠനാണ് യസ്മാഗ്നി വായു ഇന്ദ്രാഹായ ദേവഹ ബ്രഹ്മണ് സംവാദ ദർശന അതിനാസാമീപ്യപകദാഹ ഇവരെല്ലാവരും സംവാദ ദർശനങ്ങളിലൂടെ മറ്റ് ജഡപപ്രപഞ്ചത്തെ അപേക്ഷിച്ച് ബ്രഹ്മസാമീപ്യത്തിലാണ് സംവാദം അല്ല സംവാദം എനിക്ക് സമ്മതിക്കാൻ കഴിയുന്നു നമ്മൾ പരസ്പരം സമ്മതിക്കുന്നത് സംവാദം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനസംക്രമണം അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിസത ജ്ഞാനമയമായിരിക്കുന്നു ജ്ഞാനമയമല്ലാത്ത ഒന്നും ഇവിടെയില്ല സർവജ്ഞാനമയമാണ് അങ്ങനെ സാമീപ്യോപകഥാഹ ഇതിൻ്റെ എല്ലാം ആത്മാവായിരിക്കുന്നു തസ്മാത് ഐശ്വര്യ ഗുണഅതി തരാമിക ശക്തിഗുണാതി മഹാഭാഗ്യയിൽ യസ്മാഗ്നി വായുവാക്യാതയോ വിതാന് അങ്ങനെയൊക്കെയാണെങ്കിലും ഇവയെല്ലാം ഇവരെല്ലാം ദിവ്യന്മാരാണെങ്കിലും അഗ്നിയും വായുവും നിന്നാണ് ഇങ്ങനെ ഗ്രഹിച്ചത് ഇന്ദ്രേണ ഹി ഉമാവാക്യാ പ്രഥമു ഇന്ദ്രനാണെങ്കിലും ഉമാവാക്യത്തിൽ നിന്ന് ആദ്യ ശ്രവിച്ചു ബ്രഹ്മേജി തസ്മാന്ദ്രോ അതിഥരാം അതിശയനോരദേ മറ്റ് ദേവന്മാരെ അപേക്ഷിച്ച് ഉത്കൃഷ്ടനാണ് മറ്റുള്ളവർ കൂടി ജ്ഞാനസ്വരൂപികളാക്കിയത് ഇതാണ് ഈ ജീവൻ ഇതിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവരും ജ്ഞാനസ്വരൂപികളാണ് സർവ്വതും ആത്മസ്വരൂപികളാണ് അപ്പൊ അതിന് കാരണക്കാരണ ആയവനാണല്ലോ പ്രധാനി സഹീന നേസ്പശൻ അതിനെ അടുത്തറിഞ്ഞു അടുത്ത് സ്പർശിച്ചു തന്റെ ആത്മാവായി അറിഞ്ഞു തന്റെ സ്വരൂപപാരി സാക്ഷാത്കരിച്ചു യസ്മാ സഖീന പ്രഥമോ വിധാന ബ്രഹ്മേദ്യുക്താർഹമാക്കി അതെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ജീവന്റെ പ്രാധാന്യം ഇന്ദ്രിയങ്ങൾ പതുമായിട്ടുള്ള ബന്ധം സാധനയിൽ ഇന്ദ്രിയങ്ങൾ എങ്ങനെ അതിനെ സഹായിക്കുന്നു അതിന് മുഖ്യം ആരാണ് അതിന്റെ സാക്ഷാത്കാരത്തിൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചു ജീവന്റെ സാക്ഷാത്കാരത്തിൽ സർവവും ഈശ്വരമയമായി തന്നെ തീരുന്നു അതാണ് പറയുന്നതിന്റെ താൽപ്പര്യം ഇതാണ് പറയുന്നതിന്റെ താല്പര്യമെങ്കിലും പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പറയുന്നതിന്റെ താൽപ്പര്യം മനസ്സിലാകത്തില്ല പറയുന്നതിന്റെ താൽപ്പര്യം മനസ്സിലാക്കാതെ വന്നാൽ നമ്മൾ ഇത് കേൾക്കാൻ കൂട്ടാക്കത്തില്ല ചിലപ്പോ ഇതിന് വിറക്കും അങ്ങനെ സംഭവിക്കും ആരുടെയും കുറ്റമല്ല എന്താ സത്സംഗം ശ്രവിക്കാത്ത ഇത്ര സ്പഷ്ടമാണ് എനിക്ക് താല്പര്യമില്ല താല്പര്യം ഇവിടെ പറയുന്നത് എന്താണ് എന്റെ ആഗ്രഹിക്കാൻ കഴിയുന്നവനെ ഇതിൽ താല്പര്യം ഉണ്ടാകത്തുള്ളൂ അല്ലാത്തവന് താല്പര്യം ഉണ്ടാകത്തില്ല അയാളുടെ ഒരു വേദാന്തം പ്രത്യേകിച്ച് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം സത്സംഗം എന്ന് പറഞ്ഞാൽ അദ്വൈതം പ്രസംഗിക്കാമെന്ന് മാത്രമല്ല ആധ്യാത്മികമായ ഏത് വിഷയത്തെ കുറിച്ച് പറഞ്ഞാലും അത് സത്സംഗമല്ലോ പക്ഷെ ഓരോന്നിനും അതിൻ്റെ അധികാരത്വം ഉണ്ടെങ്കിൽ അവനർഹനാകത്തുന്നു പറയുന്ന ഗ്രഹിക്കാൻ പറ്റുന്നു അത് മുഖ്യമാണ് വംശത്തിന് ഇനി അതിലേക്ക് കിടക്കുകയാണ് ആദ്യം പരവുമായ തത്വത്തെ വെളിപ്പെടുത്തി പരമായ തത്വത്തെ വെളിപ്പെടുത്തിയിട്ടും അവന്റെ ഗ്രഹണ സാമർഥ്യത്തിന്റെ കുറവുകൊണ്ട് അത് വേണ്ടവണ്ണം താൽപ്പര്യം ഗ്രഹിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ അതുപോലെ സാധനയുടെ ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിന് സാധനയാണ് മുഖ്യം എന്ന് പറഞ്ഞു എന്നാലും അദ്വൈതം ശ്രവിക്കാൻ കഴിയുന്നില്ല ഒരാളുടെ പ്രകൃതി അതിനനുകൂലമല്ല അങ്ങനെ വന്നാണെന്തെയ്യും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുള്ള അവൻ സത്സംഗം ശ്രമിക്കുന്നു അവന് താല്പര്യമില്ല എന്താ ഈ സത്സംഗം ഉപനിഷത്ത് വിശേഷിച്ച് അവൻ്റെ അദ്വൈത ഭാഷ്യം അതാ സത്സംഗം അതും എല്ലാവർക്കും ശ്രവിക്കാൻ പറ്റത്തില്ല അവന് അർഹതയുള്ളവനെ യോഗ്യതയുള്ളവനെ പറ്റും എന്റെ അർഹത യോഗ്യത എന്ന് എന്താണ് അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുക താല്പര്യം ഗ്രഹിക്കുന്നവന് പറ്റത്തില്ല അത് ശ്രവിക്കാതിരിക്കാൻ പറ്റത്തില്ല അതിന് പിന്തിരിയാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ അതിന് അഡിക്റ്റ് ആയിപ്പോകും അങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോകുന്നു കാരണം അത് വ്യക്തമാകുന്നു അതുകൊണ്ടാണ് ഭാഷകാരന് ഒരു ഭാഷ എഴുതി മതിയാക്കാൻ വരും ഇതിനാ വീണ്ടും വീണ്ടും എഴുതിയത് അക്കാരണം കൊണ്ട് തന്നെ നമുക്കത് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടി വരും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കിടക്കുമ്പോൾ ഒരേ കാര്യം തന്നെ പുതുതായി ഒരു കാര്യവും പറയുന്നില്ല പക്ഷെ കൂടുതൽ വ്യക്തത വരും കേൾക്കുന്നവനും വ്യക്തത അതിനെന്ത് വേണം താൽപ്പര്യം ഗ്രഹിക്കുന്നു പറയുന്നതിന്റെ താല്പര്യം ആ താൽപര്യം ഗ്രഹിക്കാൻ കഴിയാതെ വന്നാൽ ഇത് മടുക്കും അതിനൊരു യോഗ്യത ആ ശ്രോതാവിന് ആവശ്യമാണ് എന്നാലേ ആ താൽപ്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള താൽപ്പര്യത്തെ നിലനിർത്താൻ പറ്റും ജിജ്ഞാസ നിലനിർത്താൻ പറ്റും അതുകൊണ്ട് അദ്വൈതം ആ സസങ്ങൾ ഒരാൾ കേൾക്കുന്നില്ല അതുകൊണ്ട് അയാൾ മോശക്കാരനാണെന്നൊന്നും വിധി എഴുതാൻ പാടുന്നു അതതിന്റെ താല്പര്യം ഗ്രഹിക്കാൻ പറ്റുന്നു ഇയാൾ എന്തായിരുന്നുണ്ട് ഈ പറയുന്നു എന്ന് ചിന്തിക്കും സാരഗ്രാഹി ആകാൻ കഴിയുന്നില്ല അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തത ഉള്ളിൽ പതിഞ്ഞാൽ അത് വിടാനും കഴിക്കും ആ പോകാൻ പ്രേരിപ്പിക്കും അതിനുള്ള ചില പ്രാഥമികമായ യോഗ്യതകൾ വേണം കുറച്ച് മനസാന്നിധ്യം കുറച്ച് പൗരുഷം അതും സ്ത്രീകളാണെങ്കിലും പൗരുഷം വേണം അതൊക്കെ ഉണ്ടെങ്കിലേ ഇത് പറ്റും അദ്വൈതത്തിൽ പണി നടക്കുന്നു അല്ലെങ്കിൽ വേറെ വഴികളുണ്ട് അതൊന്നും മോശം മറ്റു വഴികളുണ്ട് ആ വഴിക്ക് പരിശ്രമിക്കുക അദ്വൈത ശ്രവണത്തിനും അതിന്റെ മാർഗത്തിലും പോകണമെങ്കിൽ അതിൻ്റേതായ ഒരു ഗ്രഹണ സാമർഥ്യം അതുണ്ടെങ്കിലേ പറ്റും അല്ലാത്തവരും ഇവിടെ പരാജയപ്പെട്ട് പിന്മാറും സ്വയം അത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിനെക്കുറിച്ചും ചർച്ച ചെയ്യും അങ്ങനെയുള്ളവരെ കുറിച്ചും ശ്രുതി കരുണാമയ്യ ആരെയും ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന അദ്വൈതം അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല വേണ്ട നിങ്ങൾക്ക് പറ്റിയത് പറഞ്ഞുതരാം നിങ്ങൾ ഉപാസിക്കുക അടുത്ത് ഉപാസനയെ കുറിച്ച് പറയും ദുർഗുണം ബ്രഹ്മത്തെ വിട്ടയ്ക്കുക അതിനെ പാട്ടിലൂടുക ദുർഗുണം ബ്രഹ്മവും നിങ്ങളുമായിട്ട് യോജിക്കത്തില്ല സഗുണം ബ്രഹ്മത്തിലേക്ക് വരിക ശിവശിവ കൃഷ്ണകൃഷ്ണ എന്നൊക്കെ ജവിക്കുക ഇതിന് കഴിയാതിരിക്കത്തില്ലല്ലോ അതൊരു മഹാകാര്യമല്ലല്ലോ ഈ അദ്വൈതം പോലെ ശ്രമതരമല്ല നാവുള്ള ആർക്കും ജപിക്കാം അതും നഷ്ടപ്പെട്ടാൽ മനസ്സുകൊണ്ട് ജപിക്കാം അത്തരം കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതെന്തുകൊണ്ട് പറയുന്നു പറയുന്നതിനൊരു താൽപ്പര്യം കൂടിയുണ്ട് കഴിയുന്നതും ഒരുവൻ ആധ്യാത്മികമായി ചിന്തിക്കുന്നവൻ ആദ്യം എന്താണ് നിന്റെ പരമമായ തത്വം താൽപ്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ബുദ്ധിയുണ്ടെങ്കിലും ഗ്രഹിക്കാൻ ശ്രമിക്കുക ഇന്നതാണ് സത്യം പരമാർത്ഥം അതിന് നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ തനിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാൽ മറ്റ് വഴികളെ സ്വീകരിക്കാം ശിവ എന്നൊക്കെ വിളിച്ചു ഈശ്വരനെ ഭജിക്കാൻ അത് മോശപ്പെട്ട കാര്യമൊന്നും പക്ഷെ അത് എല്ലാം ചെയ്യുമ്പോഴും അവൻ ധരിച്ചിരിക്കണം ഇതാണ് പരമാർത്ഥം എന്തുകൊണ്ട് അതാണ് ആദ്യം ബോധിപ്പിച്ചത് സ്ത്രോത്രത്തിൽ സ്ത്രോത്രവും മനസ്സോ മനോവിയൊക്കെ അപ്പോൾ പരമാർത്ഥത്തെ ആദ്യം ബോധിച്ചിട്ട് അതിന് കഴിയാതെ വന്നാൽ തൻ്റെ യോഗ്യതയെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക പരമാർത്ഥം ബോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ വന്നു കൂടുന്ന ഭ്രമങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടത് ആവശ്യമാണ് അതുകൊണ്ട് സത്സംഗം ശ്രവിക്കേണ്ടത് അത്യാവശ്യം തന്നെ പൂർണമായും ഉൾക്കൊള്ളാനും ആ വഴിയെ സഞ്ചരിക്കാനും കഴിഞ്ഞില്ലെങ്കിലും ആ തത്വത്തെ കുറെയൊക്കെ ഗ്രഹിക്കുന്നത് ഏതിനും നല്ലതാണ് ഏതിനും വന്നുചേരാവുന്ന ഭ്രാന്തിയെ സഹായിക്കുന്നത് ഈ തത്വശ്രവമാണ് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് പറയുന്നത് എന്താണോ കർമ്മം ചെയ്യുക ഉപാസന ചെയ്യുക പിന്നെ തത്വശ്രവിക്കുക ശ്രുതി എന്താ ചെയ്തിരിക്കുന്നു ആദ്യം തത്വത്തെക്കുറിച്ച് പറഞ്ഞ് പിന്നെ ഉപാസനകളെയും കർമ്മക്കെയും കുറിച്ച് പറയുന്നുപരീതമായിട്ട് മറിച്ചല്ല ചെയ്യേണ്ട ആദ്യം കർമ്മം പറയണം ഉപാസന പറയണം പിന്നെ തത്വം അല്ലേ നമ്മൾ സാധാരണ കർമ്മത്തിന് വിപരീതമായിട്ടാണ് ചെയ്തു നമ്മൾ ആദ്യം ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യും പിന്നെ ആ താഴേക്കുവാണ് അത് ഇതുകൊണ്ടാണ് എന്താണ് ആദ്യ ശ്രുതി പറയുന്നത് പരമാർത്ഥ തത്വം ോത്രം മനസ്സോ മനോയത് അത് ഗ്രഹിക്കുക അതിന് പോരായ്മകളുണ്ടെങ്കിലും അത് ഗ്രഹിക്കുക താനാമാർഗത്തിന് അധികാരി അല്ലെങ്കിലും അത് ഗ്രഹിക്കുക തത്വത്തെ ശ്രമിക്കുക ആ തത്വബോധത്തോടു കൂടി തന്റെ അധികാരിത്വം അനുസരിച്ച് ഏതിലാണോ ഏർപ്പെടുക കർമ്മത്തിലാണോ ഉപാസനയിലാണോ ഏതിലാണോ ഏർപ്പെടുക അതുകൊണ്ട് ഇവിടെയും ഞാൻ ചെയ്യുന്നു ആദ്യം തത്വത്തെ വെളിപ്പെടുത്തി പരമാർത്ഥത്തെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നീട് സാധനങ്ങളെ കുറിച്ച് പറയും ഇത് ഉപനിഷത്തിൽ എല്ലായിടത്തും ആണ് എടകലർന്നത് തത്വത്തെ കുറിച്ച് പറയും പിന്നെ ഉപാസനയെ കുറിച്ച് പറയും കർമ്മങ്ങളെ കുറിച്ച് പറയും ഇത് വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ അന്തമാണ് ഉപനിഷത്താണെന്നൊക്കെ പറയുമെങ്കിലും ആ ഉപനിഷത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത് കാര്യം എന്തുകൊണ്ടത് ഭിന്ന അധികാരികൾ ഉദ്ദേശിച്ചു എല്ലാവർക്കും പറ്റുന്ന ഒന്നില്ല എല്ലാവർക്കും ഭാഗമായൊരു ഉടുപ്പില്ല അധികാരി ഭേദമനുസരിച്ച് ഇതെല്ലാം നിലനിൽക്കണം ഉപാസനകളും നിലനിൽക്കണം തത്വജ്ഞാനവും നിലനിൽക്കണം നാനാജീവന്മാർക്കിതെല്ലാം ആവശ്യമാണ് ഇന്ന് ഒന്നിനിച്ച് മറ്റൊന്നും ശ്രേഷ്ഠമുണ്ടോ അധികാരിയും സംബന്ധിച്ച് അവരവർക്ക് യോജിക്കുന്ന ഏതോ അതാണ് ശ്രേഷ്ഠം പക്ഷെ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടൊരു തത്വമുണ്ട് ഏതൊന്നിൽ പ്രവർത്തിച്ചാലും ശരി ആ തത്വത്തെ ഗ്രഹിക്കണം അത് സ്ഥിതിയുടെ താല്പര്യമാണ് അതുകൊണ്ട് ആ തത്വത്തെ വെളിപ്പെടുത്തിയതിനു ശേഷം അടുത്ത ഉപാസനകളെ കുറിച്ച് പറയുന്നു പറയുന്നു ശ്രമിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നുണ്ട് വേണ്ട നാമത്തെ ജവിക്കുക ഉപാസിക്കുക അതിനാണ് നീ അധികാരി അത് നീ ചെയ്യുക തത്വത്തെ ശ്രവിക്കുക തത്വം ഗ്രഹിക്കുക നീ പ്രവർത്തിക്കുക ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം പലരും ധരിച്ചിരിക്കുന്നതും പലരും പഠിപ്പിക്കുന്നതും അങ്ങനെയാണ് എന്താണ് അദ്വൈതം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പാടില്ല എന്നുവെച്ചാൽ അദ്വൈതം അദ്വൈതത്തിന്റെ പുസ്തകം വായിച്ചാലോ അദ്വൈതം പ്രസംഗിക്കുന്നത് കേട്ടാലോ പിന്നെ ജപിക്കാൻ പാടില്ല ധ്യാനിക്കാൻ പാടില്ല കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെയൊരു മിഥ്യാധാരണയുണ്ട് അദ്വൈതമെന്ന് പറയുന്നത് ഇതിനൊക്കെ എതിരായ ഒരു കാര്യമാണ് എത്രയോ തവണ നമ്മളിത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അദ്വൈതം ഇതിനൊന്നിനെതിരല്ല അദ്വൈതം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്വൈതത്തിൽ നിഷ്ഠ ഉണ്ടാകുന്നില്ല എന്ന് സ്വയം ബോധ്യപ്പെടുന്നുവെങ്കിൽ ഏതെന്തിനാണോ നിഷ്ഠയുള്ളത് അത് തന്നെ അനുഷ്ഠിക്കും ഞാൻ അദ്വൈതം തടസ്സം നിൽക്കുന്നില്ല മാർഗത്തിലാണോ താൻ നിൽക്കുന്നത് അതിൽ തന്നെ മുന്നോട്ട് പോകും അതുകൊണ്ട് അദ്വൈതമൊരിക്കലും ഭക്തിക്കോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഭക്തിക്കോ ഉപാസനയ്ക്കോ യോഗത്തിനോ കർമ്മത്തിനോ ഒന്നും എതിരല്ല ഭാഷ്യകാരൻ നിശേഷുന്നത് പ്രത്യേകമായി പറയുന്നു ഞാൻ എന്തിനൊക്കെയാണോ നിഷേധിക്കുന്നത് അതിലെല്ലാം സാധനാ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ടാണ് നിഷേധിക്കുന്നത് എന്ന് ബ്രഹ്മസൂത്രത്തിൻ്റെ സന്ദർഭത്തിൽ പക്ഷിക്കാരൻ തന്നെ വ്യക്തമായി പറയുന്നു എന്നാലും ആൾക്കാർ തലതിരിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഉപദേശിക്കുന്നുണ്ട് അദ്വൈതം ഇതിനെല്ലാം എതിരാണ് അതുകൊണ്ട് തന്നെ പലയിടത്തും പല ആശ്രമങ്ങളിലും അദ്വൈതം പറയാനോ കേൾക്കാനോ അനുവദിക്കാറുമില്ല പറയുകയോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തലതിരിഞ്ഞു പോകും എന്നും ഭയപ്പെട്ടിട്ട് എന്താ അപകടം പിടിച്ച കാര്യമാണ് അങ്ങനെയും പലയിടത്തും ഉണ്ട് എന്തിനു പലയിടത്തും പുസ്തകമേ വായിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് ഒരു പുസ്തകം വായിക്കാൻ പാടില്ല തലതിരിഞ്ഞു പോവും വഴിതെറ്റിപ്പോവും എന്ന് പറയുന്നത് എന്ന് പറയുന്ന സ്ഥലങ്ങൾ വരെ ശ്രുതി അതുകൊണ്ടാണ് ശ്രുതിയിൽ നിന്ന് പരമാചാര്യന്മാരുടെ വചനങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ നേരിട്ട് കാര്യങ്ങൾ തെളിയിക്കണം മഹത്തായ ഗ്രന്ഥങ്ങൾ തന്നെ അധ്യയനം ചെയ്യണം അവിടെ നിന്നും ആശയക്കുഴപ്പങ്ങളും ബ്രഹ്മസൂത്രത്തിലോ ഗീതയിലോ ശ്രുതികളിലോ നീ ആശയക്കുഴപ്പങ്ങളില്ല അവിടെയെല്ലാം അധികാരി ഭേദമനുസരിച്ച് സർവവും നിർദ്ദേശിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണിവിടെ അത് ഞാനത് ഇത്രയും വിശദീകരിച്ച കാരണം ഇത്രയും തത്വം പറഞ്ഞതിന് ശേഷം പിന്നെന്താ ഒരു ഉപാസന സമാധാനം വളരെ ലളിതമാണ് തത്വം ഉപദേശിച്ചു നിങ്ങൾ തത്വം നിഷ്ഠനായോ അതിനു വേണ്ടിയിട്ടാണ് ഉപദേശിച്ചു കഥ കേര കേട്ടോണ്ടിരിക്കാനും തത്വം നിഷ്ഠനായില്ലെങ്കിൽ എന്തോ ഒരു പോരായ്മയുണ്ട് എന്തിൻ്റെയൊക്കെ പോരായ്മയുണ്ട് അതൊക്കെ ചെയ്യുക ഉപാസന ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക അതിനുവേണ്ടിയിട്ട് വീണ്ടും അത് ഉപദേശിക്കുന്നു ഇപ്പൊ ശ്രുതി മഹാഗ്രന്ഥങ്ങൾ മഹാചാര്യന്മാർ ആരും വഴിതെത്തിക്കത്തില്ല അജ്ഞന്മാരാണ് വഴിതെറ്റിക്കുന്നത് അതിതരാമ അനാവാൻ അന്യ അഗ്നിർവായു ഇന്ദ്രേഹ്യേനോ വിദാന് ബ്രഹ്മേതി അപ്പൃശുന്ന് പറയുന്നത് പറയുമ്പം പലരും ഉണ്ടാതിരുന്നുകളാണ് ഈശല്യം വേണ്ട എല്ലാരും ഒന്ന് വിചാരിച്ച പൃശുഹു അങ്ങനെ പ്രയാസം ഉള്ളതിരുന്നോ അതിതരാമ അന്യവാൻ സഹ്യേനഷ്ടം പസ്പർശ കൈന പ്രഥമോ വിദച്ചബ്രഹ്മേതിഷ ആശോ യു വ്യുത ആ ഞമീമിഷ ആധൈവതം